മാസം പത്തൊമ്പത് ഈ സ്ഥലത്തോടുകൂടി വിഷയങ്ങളുടെ അവസാനത്തിൽ തുടർന്നു വരുന്നത് ജ്ഞാനം സദാകാരം ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഓരോ സ്ഥലത്തുമല്ലോ വിഷയങ്ങളാണ് ചർച്ച അതിലൂടെ അവസാനിക്കുകയാണ് നമ്മുടെ വേറെ ഒരു ആധ്യാത്മിക ഇത്രയും വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥം ഷയമേതി മനോ ജന്തു യു പ്രയതൃതം ത സൈത ജന്തുഷ ജന്തു മനേരം ജീവൻ എന്ന് പറയുന്നത് മനസ്സില് വീണ്ടും പറയുകയെത്ത ജീവൻ മനസ്സ് തന്നെ എന്ന് പറയുന്നത് എല്ലാ ജീവന്മാരും മനസ്സിനനുസരിച്ച് ജീവിക്കുന്നോണ്ടാവും മനസ്സിൽ നിന്ന് സ്വതന്ത്രതായി മനസ്സിനെ വിട്ടിട്ടാർക്കും ജീവിക്കാൻ പറ്റും എത്ര വലിയ മഹാനായാലും സാധാരണക്കാരനായാലും പാപിയായാലും പുണ്യവാനായാലും എല്ലാം മറ്റുള്ളവരുടെ മനസ്സിനനുസരിച്ച് എന്ന് പറയും അതുകൊണ്ടാണെന്ന് പറയുന്നത് ജന്തു മനുവാണ് ജീവനുള്ള പറയുമ്പോൾ മനസ്സല്ല എന്തം പ്രയത്നത്തെ അവൻ എന്തൊക്കെ നന്മ പ്രവർത്തിക്കുന്നുണ്ടോ കൃതം തത്വതപാക് അവൻ ചെയ്തവരെ അവൻ നേടുന്നു ദൈവ ഹീ ദൈവത്തേന്ന് വെച്ചാൽ മനസ്സുകൊണ്ടിരിക്കുന്നു ഇവിടെ ദൈവം എന്ന് പറഞ്ഞാൽ മനസ്സാണ് അതിനടുത്ത് പറയാം ദൈവം അല്ലെങ്കിൽ വിധി എന്ന് പറയുന്നതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല ഇവിടെ ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഒന്നുമുണ്ട് പക്ഷെ അത് മനസ്സും എങ്ങനെ പോകുക കർമ്മ ഇപ്പോൾ വിധി എന്ന് പറയുന്നതിന് അത് ഉണ്ടെന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഒന്നുമായിട്ടു ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു അതിനെ സമന്യോഗിക്കാൻ വേണ്ടി പറയുന്നു അത് കർമ്മമാണോ പൗരുഷമാണോ പുരുഷന്റെ പ്രയത്നമാണ് അത് പൂർവജന്മത്തിൽ ചെയ്തെന്നേ അപ്പോ വിധിയെ ഒരു തരത്തിൽ അംഗീകരിക്കുന്നു വേറെ തരത്തിൽ നിഷേധിക്കുന്നു നമ്മൾ ഒരു ഭാഗം മാത്രം വായിച്ചു കഴിഞ്ഞാൽ തോന്നും ഇത് പരസ്പര വിരുദ്ധമാണെന്ന് രാമന്റെ ചോദ്യം അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അത്തരം പുറകിൽ കർമ്മം കർമ്മം തന്നെയാണ് പൗരുഷം അത് മനസ്സ് അതുതന്നെയാണ് ജീവൻ അങ്ങനെ നമ്മൾ പറഞ്ഞത് ം ദത്തതവാക്കുന്നു എന്ത് ചെയ്യുന്നു അത് ഒരു കെട്ടും ജീവനെ സംബന്ധിച്ച് സ്വദേവ ഹി ദൈവത സ്വത ദൈവതെന്ന് വെച്ചാൽ അത് അത് കർമ്മമാണ് പക്ഷെ ഞാൻ ചെയ്യാത്തതും തന്നെ ഇങ്ങോട്ടും നിൽക്കുന്നു ഓരോ വരുന്നു അവരെ സമാധാനമാണ് സമാധാനം നടത്തിയത് മന ചിത്തം വാസന കർമ്മം ദൈവം ചശ്ചയ രാമ ദുർനിശ്ചയ സ്വപ്ന സത്യതാവ് തീർത്ത് പറയണം മനസ് എന്ന് ചില സ്ഥലത്ത് പറയും ചിരിത്തോന്ന് വേറെ സ്ഥലത്ത് പറയും വാസന എന്ന് ചില സ്ഥലത്ത് പറയും കർമ്മം എന്ന് പറയും ചിലടുത്ത് ദൈവം വിധിയെന്ന് പറയും ചിലടത്ത് നിശ്ചയം എന്ന് പറയും ഇതെല്ലാം എന്താണ് ദുർനിശ്ചയസ്യ നിശ്ചയിക്കാൻ പറ്റാത്തതായ മനസ്സിൽ രാമ വീന സപ്ന ഇതൊക്കെ അതിന്റെ പേര് തന്നെ മനസ്സെന്താണെന്ന് നിശ്ചയിക്കാൻ കഴിയുന്നില്ല ആ നിശ്ചയിക്കാൻ വല്ലാത്തതായ ആ മനസ്സിന്റെ പേരാണ് സത്യ സത്തുക്കൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഉദാഹരിക്കുന്നു അപ്പൊ മനസ്സ് നിശ്ചയിക്കാൻ വ്യാത്ത എന്ന് പറയുന്നത് പഴയകാലത്ത് അദ്വൈതത്തിന്റെ വഴി അനുസരിച്ച് പറയുകയാണെങ്കിൽ മനസ്സിനുള്ളിൽ അനുഭവിച്ച നീങ്ങണം യും സർവദ സത്തമോ അസത്തമോ തീരുമാനിക്കാൻ വേണ്ടി എത്തില്ല അതുകൊണ്ടത് നിശ്ചയിക്കാൻ വേണ്ടി എത്തണം എന്നാത് തന്നെയാണ് നിശ്ചയം നമ്മുടെ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയങ്ങൾക്കനുസരിച്ചാൽ ഒരു കാര്യം മനസ്സിലാവുന്ന നിശ്ചയം വരുന്നു പ്രവർത്തിക്കുന്നു ഓരോ കാര്യങ്ങളിലും ഓരോ പ്രവൃത്തിയിലും ഇന്നും നമ്മളൊരു നിശ്ചയം ആ നിശ്ചയം എന്താണോ സ്വരൂപം എന്തെന്ന് നിശ്ചയിക്കാൻ കഴിയാത്തതായ മനസ്സിന്റെ പേരാണ് മനസ്സ് നിശ്ചയിക്കാൻ കഴിയാത്തതെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഉമൽ എന്താണെന്നു നമുക്കത് നിശ്ചയിക്കാൻ കഴിയും അന്ന് പലതും മനസ്സിലൊന്ന് പ്രകടമായി വരുന്നു മാർഗ്ഗം എന്തും മനസ്സിലുണ്ടായിരുന്നു ഇന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയുന്നത് അതാണ് ഒരു മുന്നറിയിപ്പും തരാതെ മനസ്സിൽ പല പല വികാരങ്ങൾ പ്രത്യക്ഷ കാമോധം തുടങ്ങിയ വികാരങ്ങൾ പ്രത്യക്ഷം ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് നിശ്ചയിക്കാൻ കഴിയുന്നു കുറേ വാസന വാസന മനസ്സിലായി മനസ്സിലാണ്ടല്ലൂടെ പറയും അത് നിശ്ചയിക്കാൻ കഴിയും പിന്നെ ഇന്ന് ആധുനിക ചിന്താഗതി അനുസരിച്ച് പറയുകയാണെങ്കിൽ മനസ്സ് എങ്ങനെ ഉണ്ടാകുന്നു നിശ്ചയിക്കാൻ കഴിയും മനസ്സെന്ന് പറയുന്നത് നമ്മുടെ അനുഭവം എല്ലാവർക്കും മനസ്സെങ്ങനെയാ ഉണ്ടാകുന്നത് എങ്ങനെയത് ഉണ്ടായില്ല നമ്മുടെ ഉള്ളിൽ ഉള്ളെന്ന് പറയുന്നാലും മനസ്സാ ഉള്ളിൽ മനസ്സെന്ന് പറയുന്ന പറയുന്നത് മനസ്സാവും മനസ്സെങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിന് കൃത്യമായൊരു ഉത്തരവില്ല അപ്പൊ ആ രീതിയില മനസ്സ് അന്വേഷിച്ച് നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരമായ നമ്മുടെ ബ്രെയിനുമായിട്ടും ഒക്കെ ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് എല്ലാവർക്കും ശരീരമായിട്ട് വളരെ ദൃഢമായൊരു ബന്ധമാണ് ശരീരത്തിന്റെ പ്രകൃതിയെന്നു അതനുസരിച്ചവർക്ക് മനസ്സിലായി എല്ലാവർക്കും അറിയാം പുരുഷൻ ചിന്തിക്കുന്ന പോലെ അല്ല സ്ത്രീ വ്യത്യാസ അടിസ്ഥാനത്തിൽ പുരുഷന്റെ ചിന്ത പോലെ എന്തുകൊണ്ടാണ് വ്യത്യാസം എന്ന് പറയുന്നത് എന്തുകൊണ്ട് സ്ത്രീ ശരീരത്തിന് പുരുഷ ശരീരങ്ങൾ രണ്ടിനും പ്രവർത്തിക്കുന്ന ഹാർമോണുകള് അപ്പോ സ്വാഭാവികമായും ആ ശരീരവ്യത്യാസം കൊണ്ടാണ് ചിന്തയിലെ വ്യത്യാസം ഒരുപോലെ തന്നെ ചിന്തിക്കും അടിസ്ഥാനപരമായ മനസ്സും എന്ന് പറയുകയാണെങ്കിൽ ചിന്താ രീതിയിൽ രണ്ടാണ് എന്തുകൊണ്ട് അത് ശരീരത്തിന്റെ വ്യത്യാസം അടിസ്ഥാനപരമായ മനസ്സ് ഏതൊക്കെ വഴി ചിന്തിക്കുന്നു അതൊന്ന് തീരുമാനിക്കാൻ കഴിയും പലപ്പോഴും അതിൽ അടിയട്ടാ പറയും കൊണ്ട് മനസ്സിനെ പ്രയാച്ച് നിശ്ചയിക്കാൻ കഴിയില്ല സത്യ സത്യതാ ഏവം നാമാ പുരുഷോ ജട ഭാവനയാ യഥത്തേ രാമ മനോഹ എന്നൊക്കെ അല്ല വന്നു തത് ഏവന്നാണ് ആധുനിക പുരുഷൻ അങ്ങനെ ഈ മനോരോഗിയായിരിക്കുന്ന പുരുഷൻ മനസ്സായിരിക്കുന്ന ഈ പുരുഷ ഈ ജീവൻ ആധുനിക ഭൗതികം പറയുന്നത് മനസ്സിന് അപ്പുറം ജീവനേയില്ല മനസ്സ് തന്നെ നമ്മുടെ ഈ ജീവബോധത്തിൽ നിന്നും മനസ്സിലോ ഏവം നമ്മമായി പ്രശ്നം നമ്മുടെ മനസ്സറിയേക്കും ദൃഢ പ്രവർത്തന യഥാവിന്ധ്യം പ്രവർത്തന ദൃഢസങ്കല്പത്തോടാണ് ദൃഢമായ വാസനയോടുകൂടി അവരൊന്നും പ്രവർത്തിക്കുന്നു ഓരോരുത്തരും ഭൗതികമായ കർമ്മങ്ങളേർപ്പെടുന്നു വാസനവും ആത്മീയമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു അതിന്റെ വാസന സത്പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു വാസനവും ദുഷ്ടപ്രവൃത്തി ഏർപ്പെടുന്നു വാസന ഇതിലെല്ലാത്തിലും ഏർപ്പെടുന്നു മനുഷ്യൻ നല്ലതിലും ജീവിതത്തിലും എല്ലാം ഏർപ്പെടുന്നു ഇത് ആകെസങ്കീർണമാണ് മനസ്സ് വാസനക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു ചിലര് പരോപകാരപ്രവൃത്തി ചെയ്യുന്നുണ്ട് അതിന് മനസ്സാണ് ഒരു കാര്യം നല്ല കാര്യം പക്ഷെ പരോപകാരം ചെയ്യുമ്പോൾ തന്നെ അവര് പരപ്പ് ബദ്രുകൂടി ചെയ്യുന്നുണ്ട് അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല അറിഞ്ഞുകൊണ്ട് പരോപകാരം ചെയ്യുന്നു അറിയാതെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞ ഉപദ്രവം ചെയ്യുന്നു അറിയാതെ വരുന്ന ഉപദ്രവിക്കുന്നു ഇതൊക്കെ എന്താണ് മനസ്സ് അപ്പൊ തന്റെ ഇച്ഛ തന്റെ ആഗ്രഹത്തിനനുസരിച്ച് എന്തുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് അവിടെ പറയുന്ന വാസം തന്നെ രീതിയിലുള്ള പ്രവണതകൾ ദൃഢമായിരുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്നു അതിനനുവാസനോടെ നിത്യം പ്രേരണ നമ്മളൊരു ഉൾപ്രേരണ ആണ് അതുകൊണ്ട് പ്രവർത്തിക്കുന്നു ഫലം ഫലം ആക്കുന്ന മതിയേ വേണ്ടത്ര ഫലം കിട്ടുന്നു പ്രവർത്തിക്കനുസരിച്ച് ഫലവും കിട്ടുന്നു കഥാ അലം ഫലം ആക്കുന്നു പുരുഷകൃ തസ് സുഭദോ വസ്തുത പുരുഷ പുരുഷപ്രയത്നോ സമേവം അതുകൊണ്ടാണ് എന്റെ പ്രവൃത്തി കൊണ്ടാണ് നീ എല്ലാം നീ നേടുന്നത് നല്ലത് നേടിയെന്ന് ചെയ്യും ശീത്ത നേടിയെന്ന് ശരി നിന്റെ പറഞ്ഞു വരുന്നത് ഞാൻ പാപ പ്രവർത്തി പാപ ഫലം എന്ന് പറയുന്ന പൂർവജന്മത്തിൽ പാപ പ്രവൃത്തി കൊണ്ടെന്ന് വരുന്നു പുരുഷക അതുകൊണ്ട് പ്രാപ്യത ഇല്ല ഇത്തരയില്ല മറ്റൊന്നും വന്നതല്ല എന്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഇല്ല പ്രാപ്യത അതുകൊണ്ട് സ ആ പുരുഷകാര പുരുഷപ്രവൃത്തി സുഗത നല്ലത് നൽകുന്നതാണ് അശുഭം തഥാത് സുഖത എന്റെ പ്രവൃത്തികളെല്ലാം നിനക്ക് നല്ലത് വരുത്തട്ടെ എന്നാണ് പറയട്ട് കാര്യമില്ല കാരണം മുമ്പ് പഴയ ജനങ്ങളിൽ പാപക്കളെങ്കിൽ ആശംസകളൊന്നും പറയുന്നത് അതും അനുഭവിക്കില്ല ശുഭദസ്തു ചെയ്യുകയും അത് നല്ലത് വരട്ടെ ഒരു കാര്യം ഉറപ്പിച്ച ജീവികൾ സംഭവിക്കുന്ന പൂർവ്വവാസന കാരണമാണ് ഇപ്പോഴത്തെ പ്രവൃത്തി മാത്രമല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞ വരാമൊരു ചോദ്യമാണ് വാസനം യോജയം തഥാ കൃപണം കരോമ്യഹം പ്രാർത്ഥനം വാസനചാരം പൂർവജന്മകളവാസന നേരത്തെ പറഞ്ഞു നിയോജനമാകണം എന്ന ഓരോരോ കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയാണ് രീതിയിൽ പറയുന്നവരെയാണ് അർജുനൻ ചോദിക്കുന്നതിൽ ചോദിക്കും അനുഛന്ന വിഭാഷീയ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ചോദിക്കുന്നത് അങ്ങനെ ഈ പൂർവ്വവാസന എന്ന് പറയണെങ്കിൽ ആ വാസന ഇഷ്ടമാണ് ഞാൻ അതിനനുസരിച്ച് പണം പ്രവർത്തിക്കുന്നത് കൃപണം കിം കരോമ യോ അഹം കൃപണം ഞാൻ എന്തോടും ഭാവ ഞാനെന്ത് ചെയ്യുന്നു പൂർവവാസനയ്ക്ക് അധീനനായാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ വളരെ സാധുവാണ് ഒരാളൊരു മോഷണം നടത്തി നീ ഒരാളെ പോകുന്നു ഒരാളെ ഉപദ്രവിച്ചു ഓടിച്ചു കുടിച്ച് ന്യായാധിപര്യം എത്തിക്കൊണ്ട് എന്നൊക്കെ പറയുകയാണ് ഞാൻ പാവമാണ് എന്റെ പൂർവ്വ ഉപാസന കൊണ്ട് ഞാൻ ചെയ്ത് പോയതാണ് ഞാൻ ഉത്തരവാദി ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത എന്ന് പറഞ്ഞാൽ രക്ഷയേണ്ട അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള പൂർവോപാസന അപ്പൊ യക്ഷേ വാസന അനുസരിച്ച് നിന്നെ തൂക്കിക്കൊള്ളണം അങ്ങനെ ഒരു ഫലം വേണം തൂക്കിക്കൊന്നതിനെ പറ്റിയൊന്നുമല്ലോ നല്ല കൂടുതൽ അപ്പോൾ അതെങ്ങനെ മനസ്സിലായി പൂർവജന്മത്തിൻ്റെ വാസന അനുസരിച്ച് തൂക്കിക്കൊള്ള കൊടുക്കും എങ്ങനെയാണോ പൂർവജന്മത്തിലെ വാസന കൊണ്ടാണോ ഞാൻ ദുഷ്പ്രവൃത്തി ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കിയത് അതുപോലെ ജനിച്ചിട്ടും മനസ്സിലാക്കും ഒരു സമാധാനവും അല്ലാതെ പ്രായോഗികമായ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും പൂർവജന്മവാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ആന്തരികമായ തോന്നുന്നത് പ്രേരണകൾ അനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്നു അത് നല്ല പ്രവൃത്തിയും ചീത്ത പ്രവൃത്തി രണ്ട് സംഭവിക്കാം അവിടെ മൃഗങ്ങൾ പ്രവർത്തിക്കുന്നു അപ്പോ അതിന്റെ ചോദന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ആ ചോദന അനുസരിച്ച് പ്രവർത്തിക്കുന്നു അവർക്ക് വിവേകമെന്ന് പറയുന്നത് അവരുടെ മനസ്സിലില്ല ആ ഒരു കാര്യമില്ല അവണോ ആന്തരികമായ ചോദന അനുസരിച്ച് പ്രവർത്തിക്കുന്നു അത് ചിലപ്പോൾ മറ്റൊരു പ്രവർത്തിക്കടിച്ചൊല്ലും വേറെതിന്റെ ആഹാരം തള്ളിപ്പറിക്കും എന്തും ചെയ്യും അത് ആന്തരിക ചോദന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ കുറെ കൂടി പരിണമിച്ച ഒരു ജീവി വർഗമാണ് അവനോട് പൂർവ്വജന്മം പരജന്മൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കാതെ അവനവന്റെ വിവേകത്തെ അവിടെ ഉപയോഗിക്കാനുള്ള ഒരു അവസരമുണ്ട് വിവേകം ഉപയോഗിച്ചിട്ട് അവന് ദോഷമില്ലാത്ത സമൂഹത്തിന് ദോഷമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുക അതാണ് പ്രായോഗികമായിട്ടുള്ളത് അല്ലാതെ പൂർവ്വജന്മം വാസന ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല ഗുരുവിന്റെ വിവേകശൈലി പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മോശമായി വന്നതാണ് അത് അവന്റെ പ്രവൃത്തി തന്നെയാണ് മറ്റ് ജീവികൾക്കില്ലാത്ത സവിശേഷത വിവേകം എന്ന് പറയുന്നത് അവന് ഉണ്ടാക്കിയെടുക്കാം വളർത്തിയെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അത്തരം ചോദനകളും ഉണ്ട് കൂടെ വിവേകം വളർത്തിയെടുക്കാനുള്ള ഇച്ഛാശക്തി അവനുണ്ട് അതിനുള്ള ബുദ്ധിയാണ് ഉപയോഗിച്ചിട്ട് അങ്ങനെ വിവേകം ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുക അതാളി പറയാൻ പോകുന്നു അത് തന്നെയാണ് അല്ലാതെ എന്റെ പൂർവവാസം അതുകൊണ്ട് എങ്ങനെ പ്രവർത്തിച്ചു ഞാൻ പാവമാണ് ഞാൻ അറിയാതെ ചെയ്തതാണോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിവേകമൊരാക്കും പ്രയോഗിക്കാൻ കഴിയില്ല അവനൊരു സമൂഹത്തിലാഗ് അപ്പൊ തന്റെ തെറ്റും ശരിയോന്നും എന്നും മനുഷ്യൻ സമൂഹം ചെയ്യുമ്പോൾ തനിക്കായിട്ട് തീരുമാനിക്കാൻ പറ്റും എന്റെ തെറ്റ് എന്റെ ചെയ്തു ഞാനായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല അത് തീരുമാനിക്കുന്ന സമൂഹം കൂടെ ചേർന്നിട്ടാണ് അപ്പൊ സമൂഹം തീരുമാനിക്കുകയും ചെയ്ത് ശരിയാണോ തെറ്റാണോ തെറ്റാണെങ്കിൽ ശിക്ഷ അതംഗീകരിച്ചു അപ്പൊ അതെന്താണ് അവിടെ വിവേകത്തെ ആശ്രയിക്കുക അല്ലാതെ പൂർവ്വജന്മ ആയി പറഞ്ഞ് രക്ഷപ്പെടാൻ എനിക്ക് പറ്റത്തില്ല കാലം മാറി ആന്തരിക യുഗമായ ചോദനങ്ങൾ നമ്മൾ ഇങ്ങനെ വരും മൃഗീയമായ ചോദനങ്ങൾ വരുന്നത് അരുത് എന്ന് പോലെയുള്ള കാര്യങ്ങളും മനുഷ്യൻ ചെറുപ്പത്തിനെയും ആന്തരികമായ പ്രയത്നവും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മുടെ പാരമ്പര്യം അത് പാരമ്പര്യത്തിലൂടെ നമ്മൾ വന്നു ചേർന്ന നമ്മുടെ വലിയൊരളവ് തന്നെ എന്താണ് നമ്മുടെ ജനിതക സവിശേഷം മറ്റൊന്ന് നമ്മുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത നമ്മുടെ സാഹചര്യങ്ങൾ ഈ നമ്മളിലൊക്കെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുന്നു നമ്മുടെ പാരമ്പര്യ ജനിതകങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ തെറ്റെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യും അത് മനുഷ്യനെല്ലാം അങ്ങനെയാണ് അതിന് സ്വാമിയാണെന്നോ ആസാമിയാണെന്നോ ഒന്ന് എല്ലാ മനുഷ്യരും അത് അവനിൽ നിന്ന് എന്താണ് അതിനുള്ള ഉണ്ടാവും അപ്പൊ അത് വിവേകത്തെ ആശ്രയിക്കുക വിവേകമെന്ന് പറയുന്നത് ഇല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഭയത്തെങ്കിലും ആശ്രയിച്ചു ഭയം ഉണ്ടായിരുന്നു പ്രവർത്തിച്ചാൽ സമൂഹ ശിക്ഷിക്കും എന്നുള്ളൊരു ഭയം അതെങ്കിലും ഉണ്ടായിരുന്ന നല്ലത് അതിൽ പിന്നെ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ വേറെ വഴിയൊന്നുമില്ല അടുത്ത് പറയുകയുള്ളൂ എന്താണ് പ്രവൃത്തിയിലൂടെ എന്ന് പറയുമ്പോൾ വിവേകത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തി അത് തന്നെയാണ് വസിഷ്ടതേവ ഹിരാമത്വം ശ്രേയപ്രാപ്നോതി ശാശ്വതം സ്വപ്രയത്നോപതീതേന പുരുഷേണ നാന്യത അതേവ ഹിരാമത്വം അതുകൊണ്ട് രാമ എന്താണ് ശാശ്വതമായ ശ്രേയസിനെ പ്രാപിക്കുന്നു എങ്ങനെയല്ല സ്വപ്രയത്നം പനീതേന പൗരുഷം സ്വപ്രയത്നം കൊണ്ടുണ്ടാകുന്ന ഈ സ്വപ്രയത്നം പൗരുഷം എന്ന് പറയുന്നത് ഒരു കാര്യമൊന്നും മനുഷ്യൻ തിന്ന പ്രവർത്തിക്കുന്നത് സ്വപ്രയത്നം കൊണ്ട് തന്നെ കൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ കയ്യിൽ നിന്ന് സാഹസ പ്രവൃത്തി ഉണ്ടാകുന്നത് ഇത് പൗരുഷം മനുഷ്യൻ ദുരാ ദുഷ്പ്രവൃത്തികളൊക്കെ ചെയ്യും ഹിംസാത്മകമായ പ്രവൃത്തി ചെയ്യും അസാമാത്യകമായ പ്രവൃത്തികൾ അവിടെയൊക്കെ പൗരുഷം തന്നെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പൗരുഷം കൊണ്ടത്തിന് സാധിക്കാമെന്ന് വിചാരിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ പരിഹാരം ഉണ്ടാവില്ല കഴിയുമെങ്കിൽ അവന്റെ വിവേകത്തെ ഉപയോഗപ്പെടുത്തുക അങ്ങനെയൊന്നും അവന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആർജിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ ആ വിവേകം കൊണ്ട് തന്റെ പ്രവൃത്തിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ കഴിയണമെന്നില്ല കഴിഞ്ഞാൽ ഒരു എന്താണ് ശ്രേയസിനെ പ്രാധാന്യം അപ്പൊ ഇവിടെ തന്റെ പ്രവൃത്തിക്കുള്ള പ്രാധാന്യം തന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു അഹന്തയെ മുൻനിർത്തിയുള്ള പ്രവൃത്തിയാണ് അതിന്റെയും ഉന്നത്തിയുള്ള പ്രവൃത്തി പൗരുഷം പൗരുഷവും പറയുന്നത് മനുഷ്യൻ ഇന്ന് എന്ത് നേടാം നന്മയും നേടാൻ തന്മയും അതിന്നലെ നേടും എന്നുള്ള അതിന് ഹിംസയും അഹിംസയാണ് അപ്പൊ പിന്നെ പൗരുഷം പൗരുഷമെന്ന് ആവർത്തിച്ചു എന്റെ ഉള്ളിൽ എന്താണ് വിവേകമെന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാമെന്നാണ് അപ്പൊ സ്വപ്രയത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകത്തോടു കൂടിയ പ്രയത്നം എന്ന് മനസ്സിലാക്കണം അല്ല കേവലമായ കേവല പൗരുഷങ്ങളും മനുഷ്യന് അഹന്ത കൊടുത്തേക്കും ഞാൻ വിചാരിച്ച എന്ത് സാധിക്കും അതൊന്നും നടക്കുന്ന കാര്യമില്ല ആര് വിചാരിച്ചാലും എന്ത് സാധിക്കത്ത വിവേകം ഉപയോഗിച്ച് അവന് സൽ പ്രവൃത്തി ചെയ്യാൻ പറ്റും പരോപകാരം ചെയ്യാൻ പറ്റും പരോപദ്രവും കുറച്ചും അല്ല ഒരാള് പരോപകാര പ്രവൃത്തി ചെയ്യുന്ന വിചാരിച്ചു പരോപദ്രവും ചെയ്യുന്ന നടത്തുന്നത് അവിടെയൊക്കെ മനുഷ്യന് വേണ്ടത് എന്താണ് വിവേകമാണ് തിരിച്ചറിവാണ് യും പ്രാക്തവും രണ്ടു തരത്തിലുണ്ട് ആന്തരികമായ പ്രേരണകൾ അത് എന്റെ വാസ ചോദനങ്ങൾ നമുക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്ത ഉള്ളിൽ നിന്നുള്ള ആ പ്രേരണ രണ്ടു തരത്തിലുണ്ട് ശുഭശ്ചൈവോ അശുഭശ്ചെയ്വ ശുഭവും അശുഭം നല്ലതും ചീത്ത നല്ല പ്രേരണമുണ്ടും ചീത്ത രണ്ട പ്രേരണങ്ങളുണ്ട് പ്രാക്തനോ വിദ്യുതയോ പ്രാക്തനോ ദ്വയോ രേഖതനോ അഥവാ രണ്ടും മുമ്പുണ്ടായിരിക്കാം എന്ത് ഉപാസനാവിയ നല്ലതും ചീത്തയും അത് മനുഷ്യർക്കെല്ലാം ഉണ്ടല്ലോ നല്ല പ്രേരണകളുമുണ്ട് ചീത്ത പ്രേരണ നല്ല പ്രേരണ ഉള്ളതുകൊണ്ടാണ് അയാൾ ആശ്രമത്തിലേക്ക് വരുന്നത് നല്ല പ്രേരണ ഉള്ളത് കൊണ്ട പൊതുവെ വരുന്നത് ഇനി ചീത്ത പ്രേരണ കൊണ്ട് വരുന്നവരും കൊണ്ടില്ലെന്ന് പറയാൻ പറ്റൂല ചിലത് ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അപ്പോ എല്ലാവരും അങ്ങനെ നല്ല പ്രേരണയിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല വരുമ്പം തന്നെ അവൻ്റെ ഉള്ളിന് ചില പ്ലാനുകളൊക്കെ കാണും ആശ്രമത്തിൽ അവൻ കുറച്ചു ദിവസം കൂടെയൊക്കെ വന്ന് ഇങ്ങനെ ചുറ്റുപാടുകളൊക്കെ നോക്കി മനസ്സിലാക്കി കൊറച്ച് കാശ് ഒളിച്ചുകൊണ്ട് സ്ഥലം വരും അവന്റെ പൊടിവ് പോലും കാണത്തില്ല ആശ്രമത്തിൽ വരുന്നവരൊക്കെ നല്ല പ്രേരണ വരുന്നു പറയാൻ പറ്റും പറയാൻ പറ്റത്തില്ല പിന്നെ ആധ്യാത്മിക മാർഗത്തിലേക്ക് തിരിയുന്നവർ നല്ല പ്രേരണ ശുഭവാസന ഉണ്ടാകണമെന്ന് പറയാം പക്ഷെ ഏത് സമയവും അവന്റെ ഉള്ളിൽ അദ്ധ്യക്ഷിച്ച പ്രേരണ ഉണ്ടാവും അന്വേഷിച്ച പ്രേരണ ഉണ്ടാവും അവൻ ആ ജീവിതത്തിന് യോജിക്കാത്ത പ്രവർത്തികളും ചെയ്യും അത് സംഭവിച്ചു എന്ന് പറയുന്നത് ദയവും ഏകദിനവും ചിലപ്പോ രണ്ടും വരാം ചിലരിലങ്ങനെയല്ല നല്ല വാസനയായിരിക്കും ഇവരാ ജീവിതത്തിൽ കഴിയുന്നത്ര ശരിയായി തന്നെ പോട്ടു തെറ്റിലേക്ക് വഴുതി മുന്നോട്ട് പോവാൻ ശ്രമിച്ചുകൊണ്ടേ അവരുടെ പൗരുഷത്തിനൊന്നും കാര്യങ്ങളൊന്നുമില്ല അവരുടെ വിവേകം വിവേകം അവനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വാസനോഹേന ശുദ്ധേന തത്വരച്സ് തത്ക്രമേണ ശുഭേനൈവ പദം വിയാസീ ശാശ്വതം മാസലോകേനു ശുദ്ധേന ശുദ്ധവാസനകൾ ശുദ്ധമായ പ്രേരണങ്ങളാണ് തന്റെ ഉള്ളിലിരിക്കുന്നതെങ്കിൽ അതാണ് അവനെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ശുഭേക്ഷതം പറയും ആധ്യാത്മികമായ ശുഭം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ തത്ക്രമേണ ശുഭേനുക ില്ല ശരിയോ ശുഭേയോ പദം പ്രാപ്തി ശാശ്വതം ആ ശുഭമായ പയ്യൂടെ ശാശ്വതമായ പദം എന്ന് വെച്ചാൽ മോക്ഷം അതിനെ പ്രാപിക്കുന്നു ഇത് സിമ്പിൾ വഴി തെറ്റാതെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ എന്നർത്ഥം അവന്റെ ഉള്ളിൽ നല്ല പ്രേരണങ്ങളാണ് നല്ലത് ചിന്തിക്കാൻ നല്ലത് പ്രവർത്തിക്കാൻ ഒക്കെയുള്ള പ്രേരണകളാണ് ഉള്ളിൽ നിന്ന് വരുന്നത് ഉള്ളു മാത്രം പോരാ സാഹചര്യങ്ങളും അനുകൂലമാണ് സാഹചര്യങ്ങൾ പ്രതികൂലമായാൽ ഉള്ളിൽ ശരിയായിട്ടുണ്ടായിരുന്നു ഏതു വഴിക്ക് പോകുന്നുവെന്ന് പറയാൻ പറ്റില്ല ശാശ്വതമായ പദം മുക്തി എ എ എന്ന് പറയുന്നതിന് എത്തിരുന്നതിന് ആന്തരികമായ അവന്റെ പ്രകൃതി അനുകൂലമായിരുന്നു പാരമ്പര്യമായി അവനൽ വന്നിരിക്കുന്ന ജനിതക സവിശേഷതകളെല്ലാം അനുകൂലമായിരുന്നു അത് ചെയ്ത് അശുഭോഭാവ ിസങ്ങളുടെ പ്രാർത്ഥന തഥാസോ യത്നാഹീത അതില് അശുഭവും ഭാവം ഇനി നിന്റെ ഉള്ളിലിരിക്കുന്ന എന്താണ് അശുഭമായ വാസനയാണെങ്കിൽ പ്രേരണങ്ങളാണെങ്കിൽ യോജേതിസങ്ങളുടെ ഇതിനോ പ്രയാസത്തിൽ കൊണ്ട് ചാടിക്കുന്നു ഭൗതികമായ ലോകത്ത് ജീവിച്ചാലും ശരി ആത്മീയ ലോകത്തായാലും ശരി പ്രയാസങ്ങളിൽ ചെന്ന് ചാടും ഉടേണ്ടിരിക്കുന്ന പ്രേരണകൾ നല്ലതന്നെ പ്രാക്തനുപ്രാക്തനു മുമ്പിലുള്ള ആ പ്രേരണകൾ അസുഖ യജ്ഞാത് ജയദേവദാകൾ അതുകൊണ്ട് നീ എന്താ പരിശ്രമിച്ച് നീണം ഇതിനെ ജയിക്കാൻ ശ്രമിക്കുന്നു ദുഷപ്രേരണകളെ പരിശ്രമിച്ച് ജയിക്കുന്നു എന്താ എന്താ പരിശ്രമം എന്താ ഈ പരിശ്രമം എന്ന് പറയുന്നത് പരിശ്രമിച്ചാൽ ജയിക്കാൻ പറ്റും എന്താ പരിശ്രമം എന്ന് പറയുന്നത് ഉള്ളിൽ ആ വിവേകത്തെ നിലനിൽത്ത് അവസ്ഥ എല്ലാ മനുഷ്യനുകൊണ്ട് വിവേകം നല്ലതെന്താണ് ജീവിതത്തെ എന്താണെന്നൊക്കെ എല്ലാ മനുഷ്യനും തിരിച്ചറിയണം പക്ഷെ ആ തിരിച്ചറിവിനുസരിച്ച് അവർ ജീവിക്കാൻ പറ്റുന്നില്ല നിരവും ണ നിൽക്കുകയാണെങ്കിൽ അവന് ആ രീതി മുമ്പോട്ട് പോകാൻ പറ്റും പക്ഷെ അത് വിസ്മരിച്ചു മറന്നു ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ അവിടെ വിവേകം പ്രവർത്തിക്കില്ല അണങ്ങി മറന്നു മനസ്സിൽ ലോഭം കടന്നു വരും ആ ലോഭത്തിനനുസരിച്ചു പ്രവർത്തിക്കാൻ പോകും അപ്പം പതിച്ചു പോകും അപ്പോ പരിശ്രമം എന്ന് പറയുന്നത് വിവേകത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വിവേകം അല്ലെങ്കിൽ വിവേകത്തെ ഉണ്ടാക്കുന്നതിനുള്ള എന്തൊക്കെ സഹായിക്കും അതല്ല പ്രാഗ്ഞേതന മാത്രസ്തു നദേഹസ്ഥും ജടാത്മക അനിയന ചേതത്തെയും ചേത്യത്വം പോയി വേവ വിദ്യതേ പ്രാജ്ഞ നീ പ്രാജ്ഞനാണോ നീക്ക ജ്ഞാനസ്വരൂപനാണോ ചേതനമായ അറിവാണോ നീ കേവലമായ അറിവാണ് ജടാ ഈ ജട ശരീരമല്ല ഇത് അദ്വൈതത്തിന്റെ പ്രധാനമായ സിദ്ധാന്തമാണ് രാമനോട് ഒരു പറയുന്നു നീ അറിവാണോ ബ്രഹ്മമാണോ ആത്മാവാണോ ഈശ്വരനാണോ എന്നുള്ള അർത്ഥത്തിൽ പറയാം അന്യേന ചേതസാത്വത്തെ ചേത്യ അന്യ ചൈതന്യം കൊണ്ട് ചേത്യ പ്രകാശിക്കപ്പെടുന്നവനല്ല നീ സ്വയം ചേതന്യ മറ്റൊരു പ്രകാശം കൊണ്ടും പ്രകാശിപ്പിക്കുന്നില്ല മറ്റൊരു പ്രകാശം കൊണ്ട് കോയവ വിദ്യക്കുറിച്ച് അങ്ങനെ പ്രകാശിപ്പിക്കപ്പെടുന്ന ഒരുതനല്ല നീ സ്വയം അറിവാണ് നീ സ്വയം അറിവാണെങ്കിൽ എന്നും ആ അറിവ് വിവേകം ഉണ്ടാകേണ്ടത് തന്നെ അപ്പൊ ആ വിവേകത്തിനനുസരിച്ചു പോകുമ്പോൾ നീ സ്വയം തന്നെ എന്താണ് ജ്ഞാനസ്വരൂപനാണ് എന്നെ തുടർന്ന് ഇതിനെ കുറിച്ച് ഒരുപാട് വിശദീകരിക്കും അതുകൊണ്ട് നീ ജഡമായ ശരീരം എന്താണ് എന്ന് കൊണ്ടത് ജഡീയമായി ജഡസസംബന്ധിയായ സ്ത്രീയോട് ബന്ധപ്പെട്ടിരിക്കുന്ന വികാര വിചാരങ്ങൾക്കെല്ലാം മനുഷ്യൻ കീഴ്പ്പെട്ടു സ്വാഭാവികമാണ് അതിന് കീഴ്പ്പെട്ടുകഴിഞ്ഞാൽ അതിനനുസരിച്ചവൻ പ്രവർത്തിക്കും കാരണം ഈ ജീവനില് ഇവിടെ പറഞ്ഞു ജ്ഞാനമാണോ അറിവാണോ ബ്രഹ്മമാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ജഡബബന്ധം എന്ന് പറയുന്നത് അതിനെ ശ്രീകരിക്കാൻ എളുപ്പമുള്ള രീതിയിലുള്ള അതുമായിട്ടുള്ള ദൃഢമായ ബന്ധമാണ് ആ ബന്ധം ഇരിക്കുമ്പോൾ മനുഷ്യന് ഈ ജഡത്തിന് വേൾപ്പെട്ടു ഈ ദടീയമായ രക്ഷനൊക്കെ ശാരീരികമായ മനുഷ്യന് ആവശ്യങ്ങളുണ്ട് മനുഷ്യന് ശാരീരികമായ ആവശ്യങ്ങളുണ്ട് അതിനൊക്കെ അവൻ കീഴ്പെട്ടു അങ്ങനെ കീഴ്പെട്ട പിന്നെ ഈ പറയുന്ന സത്പ്രവൃത്തി അതിലൊന്നും അവന് നീക്കാൻ പറ്റില്ല അതുകൊണ്ട് ഓർമ്മിപ്പിക്കണമെങ്കിൽ നീ ഘടമല്ല അതിന് കീഴ്പെട്ട നീ മരിച്ചെന്നാ നീ ചേതന്നാണ് അതുകൊണ്ട് നീ അറിവിനെ ഉപയോഗപ്പെടുത്തുക ദൃഢമായ ശരീരത്തിന് പിഴ്പെട്ടരുത് അന്യസ്വാ ചേരുകയും ചേമം ചേതയിൽ അദ്വൈതം പറയുകയും അന്യസ്തവും ചേരുകയും നിന്ന് ചേതനാണ് നിന്നെ മറ്റാരെങ്കിലും പ്രകാശിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ നിന്നെ മറ്റാരും പ്രകാശിപ്പിക്കാനില്ല നിന്റെ ചൈതന്യം എന്ന് പറയുന്നത് നീ തന്നെയാണ് വേറെ പുറകുന്നു ചൈതന്യം പകർത്തുന്നതിനായി നീ സ്വയം ചൈതന്യമാണ് ചൈതന്യ സ്വരൂപനാണ് ആ ചൈതന്യത്തിലാണ് നിന്റെ വിവേകം അല്ല പുറമെ നിന്നങ്ങനെ വിവേകം നിന്റെ കൂടി വരും വേറെ ആർക്കും നിന്നെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല ഇത് അദ്വൈത ചിന്തി നിലപാടാണ് അപ്പോ അറിവിന്റെ കാര്യത്തിൽ അത് നിന്റെ സ്വരൂപമായിട്ടുണ്ട് അറുപത് നൂറ് നിന്റെ പ്രകാശം ഈ ജഡമായ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലതും ആവശ്യമാണ് കാരണം ഈ ശരീരത്തിന്റെ ഊർജം നിലനിർത്തുന്നതിന് അന്നം വേണം അന്നം കൊണ്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ശരീരത്തിൽ നടക്കുന്നത് ഇട സംബന്ധിയായ ഇതാണ് നമ്മുടെ കായികമായ പ്രവർത്തനങ്ങളെല്ലാം വാചികമായ പ്രവർത്തനങ്ങളെല്ലാം ശരീര സംബന്ധിയാണ് പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചൈതന്യം ആ ചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണ് മനുഷ്യൻ്റെ കൂടെ പ്രകാശം ഉണ്ടാകേണ്ടത് വിവേകം ഉണ്ടാകേണ്ടത് അത് പുറത്തേക്ക് വരാൻ പറ്റും ബാഹ്യമായ ഒരു ഉപകരണം കാരണം അറിവുകളിലുണ്ടാകും അതിൽ കണ്ണൊക്കെ ഉപകരണമായിരിക്കും കണ്ണിനല്ലോ അറിവുണ്ടാകും അതുകൊണ്ട് അന്യം ചെയ്തോ മറ്റെന്തെങ്കിലും ഒന്ന് നിന്നെ പ്രകാശിപ്പിക്കുന്നു പറഞ്ഞാൽ അതിനു പ്രകാശിപ്പിക്കുന്നു ചൈതന്യം തന്നെ നിന്റെ വിവേകം ഉണ്ടാകണം നിന്റെ ചൈതന്യം തന്നെ നിന്നെ പ്രകാശിപ്പിക്കുന്നു നേടുന്നുണ്ട് നിന്നെ പ്രകാശിപ്പിക്കാൻ മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അനവസ്ഥ ഇനിയും സ്വയം പ്രകാശമാണ് ഇനി സ്വയം അറിവാണ് അങ്ങനെ ഒരു അറിവ് തന്നെ ഉണ്ടാവണം അതിനെ പ്രവർത്തിക്കും അവിടെ പൗരുഷത്തിന് സ്ഥാനമാണ് അല്ലെങ്കിൽ പൗരുഷം എന്ന് പറഞ്ഞാൽ ഒരു വസന്തയാണ് അതുകൊണ്ടൊന്നും മറ്റും സൗകര്യമില്ല ഇത് യോഗ ഭാഷ്യത്തിൽ ഒന്നാണ് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞത് സുഭാശുഭാഭ്യം മറന്നാ ശുഭമായ വഴിയിലൂടെയും അശുഭമായ വഴിയിലൂടെയും സമുദ്രം ഒഴികൊണ്ടിരിക്കുക നല്ല വഴിയും പോകും ചീത്ത വഴി നല്ല വഴിക്കാണെന്നുള്ളിൽ നമ്മുടെ മനസ്സിൽ നല്ല വിചാരം ചീത്ത വഴിക്കാണ് ഒഴുകയാണെങ്കിൽ ചീത്ത വിചാരം നല്ലത് ചീത്ത നമ്മുടെ ഉദ്ദേശിക്കുന്ന ആത്മീയമായി നല്ലത് ആത്മീയലേക്ക് പ്രതികൂലമായി അതോ പൗരുഷെ പ്രയോഗിക്കുന്ന എന്താണ് യോജന നിയന്ത്രിക്കണം പൗരുഷ പ്രയത്നങ്ങൾ ഇത് എന്റെ പ്രയത്നങ്ങളും പൗരുഷത്തിന്റെ പ്രയത്ന അതിൽ സുഭേന്ദ്ര ശുഭമാർഗത്തിലേക്ക് യോജിപ്പിക്കണം എന്ന് ആ വാസനകളെ നല്ലപടി യും കൊണ്ട് അതിനെ നല്ല വഴി തിരിച്ചു കൊടുക്കണം എല്ലാം മനുഷ്യനും സാധാരണ മനുഷ്യൻ ഓരോന്നിനെ അടിമപ്പെട്ടു അടിമകളായിട്ടുള്ള ദുർവാസന ചിലർ മദ്യത്തിനടി ആയിക്കോട്ടെ ചിലർ മയക്കുമരുന്നും അടിഞ്ഞു അഡിക്റ്റാകും ഓരോന്നെ ക്ഷേമിക്കുന്നതോടും മനുഷ്യനാകുന്നതോടും നല്ല ആസക്തി കൂടി കൂടി കൊടുക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ കർമ്മങ്ങളിലും അഡിക്റ്റാകും പ്രവൃത്തികളിലും അടിയിട്ട് പ്രവൃത്തി ചെയ്തതെന്നുള്ളതല്ല പ്രവൃത്തിയിൽ അഡിക്റ്റായിക്കഴിഞ്ഞാൽ എന്തോരും പ്രവൃത്തിക്ക് പ്രാധാന്യം പ്രവൃത്തിയുടെ ലാഭം പ്രവൃത്തിയുടെ നേട്ടങ്ങൾ അതിന് മാത്രം ശ്രദ്ധിച്ച് പ്രവർത്തിക്കും അത് അഡിക്റ്റ് ആകുമ്പോൾ അപ്പം ആ ചിലപ്പോൾ പല ഉപകാരം വരും പല ഉപദ്രവവും അഡിക്റ്റായി ചില നല്ലവണ്ണം പ്രവർത്തിക്കുന്നതായിരിക്കും പക്ഷെ കൊണ്ട് ഉപദ്രവം ഒരുപാടുണ്ട് മറ്റുള്ളവർ അത് അവരെയും മനസ്സിലാക്കത്തില്ല കർമ്മഭ്രാന്തന്മാരാണ് നിങ്ങൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടായി നമ്മൾ എന്ത് ഉപദ്രോം ചെയ്തില്ല എന്നുള്ള നൂറ് പേർക്ക് ഉപദ്രവം ചെയ്തിപ്പോ ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ എപ്പറും അത് പ്രവൃത്തി അഡിക്റ്റ് ആകാതെ ഒന്നിനും അഡിക്റ്റ് ആവാൻ പാടില്ല എന്തിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവസാന ഗുരുതരം മട്ടായിട്ട് ഏതിനും പ്രവർത്തിക്കാനും ഏതെങ്കിലും സ്വതന്ത്രനായിരിക്കാനുള്ളൊരു കഴിവില്ല ആത്മീയതയിലായാലും അഡിക്റ്റാകാൻ പറ്റില്ല ഭൗതികതയായാലും അഡിക്റ്റാകാൻ പറ്റില്ല ആത്മീയതയിൽ അഡിക്റ്റായാൽ മറ്റുള്ളവർക്ക് ഉത്തരവാതും ദോഷമില്ല അത് കൂടുതൽ നമ്മൾ ആത്മീയതയിൽ അഡിക്റ്റായിട്ട് മറ്റു ആത്മീയക്കാർക്ക് ദോഷമുണ്ടാവും ഭൗതികതയിലടുത്തായാൽ എല്ലാവർക്കും ദോഷമുണ്ടാവും കാരണം ഭൗതികമായി കേവലം ഭൗതികമായി അവരവർക്ക് ആത്മീയതയെ ആശ്രയിക്കേണ്ടി വരും ആത്മീയതയിലട ആത്മീയമായി ആശ്രയിക്കുന്നവർക്ക് ദോഷമുണ്ട് അപ്പോൾ അത് എന്താണ് അതാണ് ഈ ഇവിടെ പറയുന്ന വാസനാമം ഏത് പ്രവൃത്തികളും അവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന്റെ ആന്തരികമായ സ്വാതന്ത്ര്യം എല്ലാത്തിൽ നിന്നും വിട്ടെത്തിക്കാനു ശേഷി എന്നാൽ ആവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും പോകുന്ന ഞാൻ പറയുന്നു മറ്റുള്ളവർ ഉപദ്രവിക്കാതെ ചെയ്യാൻ അത് ആത്മീയം എന്ന് പറഞ്ഞിട്ട് കാര്യം അത് ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നേരിട്ടാരെയും വന്നിട്ട് പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പരോക്ഷമായി മറ്റുള്ളവർക്ക് പ്രത്യക്ഷമായിട്ട് നമ്മളെന്തെങ്കിലും ഒന്നു അഡിക്റ്റ് ആയിപ്പോയാ അതൊക്കെ സംഭവം എന്തുകൊണ്ടും അവിടെ വിവേകം ഗുണദോഷം വിചാരം ചെയ്യുന്ന ആ വിവേകം നമ്മൾ പ്രവർത്തിക്കുക അത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്താണ് ശുഭമായ മാർഗത്തെ സഞ്ചരിക്കുക എന്താണ് വിവേകപൂർവ്വം ജീവിക്കുക വിവേകപൂർവം പ്രവർത്തിക്കുക ഗുണത്തെ ചെയ്യുന്നതോടൊപ്പം തന്നെ ദോഷത്തെ ഒഴിവാക്കാനും ശ്രമിക്കുക അതാണ് നിർമ്മമായ പ്രവൃത്തി എന്ന് പറയുന്നത് നിർമ്മമം നിരഹങ്കാരം രീതി അതൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് പറയണം നിർമ്മമനോ നിരഹങ്കാരി നിങ്ങൾക്ക് കർമ്മത്തിന്റെ പേരിൽ തന്നെ എങ്ങനെ ഭ്രാന്തി പിടിക്കാൻ ഭ്രാന്തമായ കർമ്മങ്ങൾ ചെയ്യാം അത് ചെയ്യാൻ പറ്റില്ല ആവശ്യമില്ലാത്തവർക്ക് ഒഴിവാക്കാൻ പറ്റും ഇപ്പൊ പരന് സമൂഹത്തിന് ദ്രോഹം വരുന്ന കലകൾ ചെയ്യാൻ കഴിഞ്ഞാൽ അടയ്ക്കില്ല അസുഭേഷൻ ബലമുള്ളവര് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അവിടെ ബലമെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് മാനസികമായ ബലമാണ് നിങ്ങളുടെ കയ്യിലൊരു മാനസികമായൊരു തലമാണ് എന്റെ ഇതൊരു വളരെ ഒഴുക്കുള്ള ഒരു നദീ അതിൽ ഒരുപാട് പേര് എടുത്തു ചാടുന്നു കുറെ പേരൊക്കെ എന്റെ ആഴത്തെ കുറിച്ചോ ഒഴുക്കിനെ കുറിച്ചോ മനസ്സിലാകാതെയാണ് ആൾക്കാർ എടുത്തു ചാടുന്നത് ചില ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് നീന്തി കരക്കിക്കയാണ് കുറെ പേര് അങ്ങനെ കുറെ വെള്ളം കുടിച്ച് കഷ്ടപ്പെട്ടു ചിലർ എത്ര ശ്രമിച്ചിട്ടും അതി കിടന്ന് നീന്തി മുങ്ങിച്ചാകും പല സംഭവിക്കും കാരണം ഇത് അറിയാവുന്ന രീതി എടുത്തി ചാടുകയാണ് ഒഴുക്കിൽ എടുത്തി ചാടും വിവേകമില്ലാതെ അപ്പൊ വിവേകമുള്ളതെന്തു ചെയ്യും മാറിക്കരക്കി മാറിക്കരകി എടുത്ത് കളക് ഒഴുക്കിലേക്ക് എടുത്ത് ചാടി ചുടി പെട്ട് നീന്തി പിന്നെ കഷ്ടപ്പെട്ട് കരയുകയല്ല അതിന്റെ ആവശ്യമുണ്ട് അതാണ് സ്വാതന്ത്ര്യം അവനവന്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ അവനവന്ന് മാത്രമേ പറ്റൂ വേറെ ആൾക്കാരെ സംരക്ഷിച്ച് തരാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ദാമ്പര്യം അതിനാണെങ്കിൽ പറയുന്ന നിർമ്മമത്വം എന്നെല്ലാം പറയും നമ്മൾ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് രണ്ടാമത് ഒന്നാമതെന്താണ് ഒരാൾക്ക് എത്ര നിർമ്മമനായിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സെന്ന് പറയുന്ന എല്ലാത്തിനും ശുഭത്തിന് പോകും അസുഖത്തിൽ അസുഭമായോ കണ്ടിട്ട് ശുഭമാണോ ഒഴുക്ക് കണ്ടിട്ട് നീന്താൻ പറ്റുകയാണെന്ന് വിചാരിക്കും അത് അസുഭമായിരിക്കും രണ്ടിനെങ്കിലും എന്തു ചെയ്യണം അസുഖയിൽ സമാപോ അതിൽ നിന്ന് മാറ്റുക ശുഭേക്ഷയിൽ ശുഭത്തിൽ മാത്രം മനസ്സിന് നടത്താത്ത ശരീര വിവേകങ്ങൾ തനിക്ക് കേടുപാടുകൾ പറ്റാത്ത രീതി മനസ്സിന്റെ കേടുപാടുകളാണ് ശാരീരികമായ ശാരീരികമായ അവശ്യതല്ലാതെ അതൊന്നുമ്പോൾ ഒഴിവാക്കാൻ മനസ്സിന്റെ അവശ്യതകൾ ഒഴിവാക്കാം താരെ ശുഭേഷതാരെ മനസ്സിൽ നിന്നും എപ്പോഴും കേടുപാടുകൾ പറ്റാതെ ശുഭത്തിൽ നിർത്താൻ ശ്രമിക്കുക അങ്ങനെ ഒരു മാനസികമായിട്ട് മനസ്സൊന്നും അഡിക്റ്റായി പോകാതെ ശ്രമിക്കുക അപ്പോ അതിലൊന്നും ഒരു മനുഷ്യർക്കുന്ന സ്വാതന്ത്ര്യത്തിന് സുഖമൊക്കെ അനുഭവിച്ചാലേ അത് മനസ്സിലാവില്ല അല്ലാത്ത പോത്തുകളെടുത്ത് പറഞ്ഞു തന്ന ഒരു കാര്യം എവള മനുഷ്യനോടേലും പറഞ്ഞു തന്നെ നമ്മളുദ്ദേശത്ത് പറയുമ്പോൾ സമൂഹത്തിനു സ്വന്തം അസുഖയുടെ അസുഖം മനസ്സെല്ലായിടത്തും ശുഭം എന്ന് പറഞ്ഞ ആരുടെ ശുഭമാണ് തന്റെ ശുഭം സമൂഹത്തിന്റെ ശുഭം രണ്ടിനും പേര് കാര്യം തന്റെ ജോ തന്റെ ചുറ്റുപാടുകളുടെ അതിന് മാത്രം മനസ്സിനെ നടത്തുക എന്നുശപ്രയത്ന തന്റെ മനസ്സിനെ അങ്ങനെ നിർത്തുക വീരയിൽ വിവരങ്ങനും പറയുന്നത് നമുക്ക് മനസ്സിലാക്കുക അശുഭാകാലകളിൽ ആയി അശുഭം തസ്മാവീകരണം എന്തോ തസ്മാ തത്കാലയെല്ലാം മനസ്സിൽ സാധാരണ സ്വഭാവം പറയുന്നു അശുഭാത്കാലകളിലായി ശുഭവും തസ്മാകെയും ശരി നമ്മുടെ മനസ്സ് അശുഭമായ ചിന്തകളാണ് അശുഭമായ മോക്കാണെന്ന് മനസ്സിലാക്കി അതിനെ ശുഭത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും എല്ലാം തിരിച്ചത് ചാടിക്കും അശുഭത്തിൽ നിന്ന് ശുഭത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ചാടിച്ചു അസുഭത്തിൽ മനസ്സിന്റെ ഒരു സ്വഭവ ഒരു സ്വഭാവമാണ് അശുഭാഗ് ശുഭം അശുഭത്തിൽ നിന്നും മാറ്റിയാൽ ശുഭത്തിലേക്ക് വരും പക്ഷെ തിരിച്ചും തസ്മാകരെ ശുഭത്തിൽ നിന്നും ശുഭത്തിൽ നിർത്താൻ ശ്രമിക്കാതെ ശുഭത്തിലേക്ക് ആഗ്രഹം പോലെ അല്ല മനസ്സിൽ പ്രവർത്തിക്കണം ഉള്ളിലേക്ക് വിവേകം പോലെയാണെന്നുള്ളത് ആഗ്രഹിക്കേണ്ട കാര്യം എന്തും ആഗ്രഹിക്കാതെ അതുപോലെ നടത്തി വിവേകമെന്ന് പറഞ്ഞാൽ മറ്റിയ സാധനമൊന്നുമല്ല സംസ്കൃതമല്ല മലയാളമല്ല തിരിച്ചറി ഇത് നല്ലതല്ല ഇതാണ് നല്ലത് ഇത് ദോഷം ചെയ്യുന്നതാണ് ദോഷം ചെയ്യുന്നതാണോ തിരിച്ചറി അതുകൊണ്ട് മനസ്സിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു വഴിക്ക് വേണ്ടത് ചരിത്രം മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നതാണ് ശിശുവികളെന്ന് പറയുന്നത് കുട്ടിയെന്ന് പറഞ്ഞാൽ അത് അടങ്ങിയിരിക്കത്തില്ല അതൊരു കളിപ്പാട്ടം കൈ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കളിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് അതുപോലെ കളിക്കും അതിനെ സംബന്ധിച്ച് അവിടെ എന്താണോ എന്റെ പുറവില് തിരിച്ചറിവ് അതങ്ങോട്ടോട് ചാടിക്കൊണ്ടേ ശിശുപത് എന്നുള്ളത് മനുഷ്യന്റെ മനസ്സ് നമ്മൾ എത്ര വലുതായാലും ശരി തല നിലച്ച് വയസ്സായി പല്ലൊക്കെ പോയി ചാകാറായാലും ശരി മനസ്സേതുപോലെ തന്നെ ഇരിക്കുകയും ശിശുപത് കുട്ടികളുടെ മനസ്സുകൊണ്ട് വിവേകശൂന്യമായി തന്നെയാണ് അതൊക്കെ പരമാർത്ഥമാണ് അതങ്ങനെ ചാഴയാടുകയും ശിശുവസ്മാ അതുകൊണ്ടെന്തെയ്യണം വിവേകബലം കൊണ്ട് അതാ പോലും കായിക ബലം മനസ്സിൻ്റെ തന്നെ വിവേകബലം കൊണ്ടുണ്ടെങ്കിലും മനസ്സിനെ നേരെ കൊണ്ടുപോകും പോയത് വേണ്ടി മനസ്സിനെ കൊണ്ടുപോകും മനുഷ്യർക്ക് പരമാവധി ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാ പറയുന്നത് അപ്പൊ ആ വിവേകത്തെ മനുഷ്യ സമ്പാദിക്കും അതനുസരിച്ച് മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുക മനസ്സിൽ നിങ്ങൾക്ക് ബലമുണ്ട് രാമനോട് പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയില്ല പറഞ്ഞു വരും ഞാൻ വളരെ പാപമാണ് എന്റെ മനസ്സിനെ വേറെ വഴിക്കേക്ക് കൊണ്ടുപോകുന്നു അത് നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ് അങ്ങനെ പരിഹാരം ചെയ്യുമ്പോഴും അവിടെ വിവേകത്തിന് സമ്പാദ്യം അതുകൊണ്ട് നല്ല വഴിക്ക് കൊണ്ടുപോകുന്നു